െ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുന്നു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഈ നാളുകൾ ഈ നിലയിൽ എത്ര നാൾ തുടരും എന്ന് നമുക്ക് എങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവത്തിൽ തന്നെ ശരണപ്പെട്ട് നമുക്ക് സമാധാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് ദൈവോചനത്തിലേക്ക് തിരിയാം ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവീകമായ വഴിയിൽ ചെയ്യുക എന്ന പുസ്തകത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് പിന്തുടരുവാൻ പിൻഗമിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സഭയുടെ നേതൃത്വത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് നമുക്കുള്ളതല്ല എന്ന് നമ്മൾ കരുതാം എന്നാൽ നമ്മളെല്ലാവരും ഒരളവിൽ മറ്റുള്ളവരെ നയിക്കുന്നവരാണല്ലോ സാധാരണ പറയാറുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളിൻ്റെ എൽഡറാണ് എന്നു പറയാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ എൽഡറാണ് അങ്ങനെ നമ്മളെല്ലാവരും നമ്മൾ വീടുകളിലായിരിക്കുന്നു നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ സഭയിലായിരിക്കുന്നു നമുക്ക് ഇളയ സഹോദരങ്ങളുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഒരളവിൽ സഹോദരന്മാരും സഹോദരിമാരും ഭവനങ്ങളിലാണെങ്കിലും സഭകളിലാണെങ്കിലും മറ്റുള്ളവരെ നയിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമുക്ക് പ്രസക്തമാണ് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന ചിന്തയോടെ നമുക്കത് യോജനം ശ്രദ്ധിക്കാം പ്രിയപ്പെട്ടവര് കർത്താവായ യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിലൊന്ന് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു ഫോളോ മീ എന്നെ അനുഗമിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് ആ ശിഷ്യന്മാരോട് പറയുന്നു എന്നെ അനുഗമിപ്പി കർത്താവിൻ്റെ ആ വാക്കുകളെ പിന്തുടർന്ന് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ പൗലോസും പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുക അതായത് പൗലോസിനെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ട് ഫിലിപ്പർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കൂറിക്കൊള്ളുവീൻ നമ്മൾ സാധാരണ നിലയിൽ ഈ വാക്യം സൗന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ എന്നെ അനുഗമിപ്പീൻ എന്നെ പിന്തുടരുവീൻ എന്ന് പറയുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും എത്രയോ ഒരു വാക്കുകളാണ് എന്ന് നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്നാൽ പൗലോസ് താൻ എന്തുകൊണ്ടാണ് സോഹരന്മാരെയും നിങ്ങളെല്ലാവരെയും എന്നെ അനുകരിപ്പീൻ എന്ന് പറയുന്നത് ആ അദ്ധ്യായത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ വാക്യം മൂന്നിൻ്റെ പന്ത്രണ്ട് ഫിലിപ്പിയർ മൂന്നിൻ്റെ പന്ത്രണ്ട് അവിടെ ആ കാര്യം പറയുന്നുണ്ട് ഞാനെന്താ ഞാന് ക്രിസ്തുവേശുവിനെ അനുഗമിക്കുന്നവനാണ് ഞാൻ ക്രിസ്തു യേശുവിനാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ എന്നെ അനുഗമിക്കുക എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൗലോസ് ഒന്ന് കോരിന്തേർ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് നിങ്ങളും എൻ്റെ അനുകാരികളാകുവേ കണ്ടോ ഇവിടെയും ഒന്ന് കോരിന്തേർ പതിനൊന്നൊന്ന് ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനേഴ് ഇവിടെ രണ്ടിടത്ത് പൗലോസ് ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ എന്നെ അനുകരിക്കുക കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ഇളയാളുകളോട് പറയാൻ ഈ വാക്കുകൾ ധൈര്യത്തോടെ പറയാൻ കഴിയണം നിങ്ങൾ എന്നെ അനുകരിക്കുക ഇക്കാര്യം ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുമെന്നു പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടാവണം ഈ പലരും പറയാറുണ്ട് ഇന്ന സുവിശേഷ വിഹിത സഭകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പലരും പറയാറുണ്ട് ആരും ഞങ്ങളെ അനുകരിക്കണ്ട നിങ്ങളെല്ലാവരും കർത്താവിനെ അങ്ങ് അനുകരിച്ചു എന്ന് പറയാറുണ്ട് ആരും എന്നെ അനുകരിക്കേണ്ട എന്നെ പിൻപറ്റേണ്ട ഞാൻ വെറും മനുഷ്യനാണ് നിങ്ങൾ കർത്താവിനെയാണ് അനുഗമിക്കേണ്ടത് എന്നു പറയാറുണ്ട് അത് കേട്ടാൽ വളരെ ആത്മീകമായ ഒരു വാക്കാണ് വാക്യങ്ങളാണ് അതെന്ന് തോന്നുമെങ്കിൽ പോലും ദൈവവചനത്തിൽ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത് കാണുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ താഴെയുള്ളവരോട് നമ്മുടെ സ് വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ സഭയിൽ നമ്മളെക്കാളും ഇള ഇളയാളുകളോട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെ കുട്ടികളോട് ഒക്കെ പറയാൻ ധൈര്യമുണ്ടാകണം നിങ്ങൾ എന്നെ അനുകരിക്കുക കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന പറയണം അല്ലാതെ നിങ്ങൾ ആരും എന്നെ അനുകരിക്കണ്ട എന്ന് പറയുന്നത് ആത്മീയമായ ആ ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവർ നമ്മളിത് പറയുമ്പോൾ പൗലോസ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നു തീർച്ചയായിട്ടും മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ മൺപാത്രങ്ങളാണ് നമ്മുടെ നമ്മളെ അടുത്തറിയുന്നവർക്ക് നമ്മുടേതായ ആ മൺപാത്രത്തിൻ്റേതായ മണ്ണിൻ്റേതായ ചില അംശങ്ങളൊക്കെ കാണാൻ കഴിയും നമുക്ക് നമ്മുടേതായ ഒരു ടെമ്പറമെൻ്റ് ഉണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എത്രയൊക്കെ കർത്താവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ ചില സ്വഭാവ പ്രത്യേകതകളുണ്ട് ചില പെരുമാറ്റ രീതികളുണ്ട് പൗലോസ് പറയുന്നത് അതിനെയൊക്കെ അനുകരിക്കാനല്ല പറഞ്ഞേക്കുന്നത് മറിച്ച് എന്താ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഭാഗങ്ങൾ നോക്കി ഞാൻ എവിടെയൊക്കെ യേശുവിനെ പിൻപറ്റുന്നു എന്നുള്ളത് നോക്കി അവിടെ ആ ഭാഗങ്ങൾ നിങ്ങൾ അനുകരിക്കാനാണ് അതിൽ എന്നെ പിൻപറ്റാനാണ് പറയുന്നത് സത്യത്തിലെ പൗലോസ് താന് താന് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ആ നിലയിൽ ദൈവികമായ കാര്യങ്ങളോട് വളരെ എതിർപ്പുള്ളവനായിരുന്നു എന്ന് നമുക്കറിയാം താൻ ഒരിക്കലും ഒരു പൂർണനായിരുന്നില്ല ഫിലിപ്പിയർ മൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നമ്മുടെ മുമ്പേ വായിച്ച ആ ഭാഗങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ തികഞ്ഞവനായി എന്നാൽ ഞാൻ പറയുന്നില്ല താനൊരു പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാ പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഞാൻ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എങ്കിലും ആ കർത്താവിനെ ഞാൻ പിന്തുടരുന്ന ആ വഴിയിൽ കർത്താവിനെപ്പോലെ ഞാൻ ചില കാര്യങ്ങളിലായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തു വേണം നിങ്ങൾ എന്നെയും പിന്തുടരുക എന്നാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ പൗലോസ് ഇവിടെ ഫിലിപ്പേർ മൂന്നെൻറ്റ് പന്ത്രണ്ട് പതിനാല് വാക്യങ്ങളിൽ ഞാൻ തികഞ്ഞവനായില്ല എന്ന് പറയുന്നത് നമുക്കൊരു ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഏറ്റവും വളരെ മുന്നോട്ട് പോയ ക്രിസ്ത്യാനി പോലും അവന് പൂർണനായി എന്ന് പറയാനായിട്ട് കഴിയുകയില്ല അവനെന്താ ചെയ്യുന്നത് ഞാൻ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നു മാത്രമേ അവന് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുള്ളൂ കഴിഞ്ഞ മാസത്തെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഞാൻ ആ എന്നുള്ളതാണ് സത്യസന്ധമായ പറച്ചിൽ അതുകൊണ്ട് ആരും പൂർണരല്ല നമ്മളും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണരല്ല എങ്കിലും നമുക്ക് ഈ കാര്യം വലിയ ധൈര്യം തരുന്നു എല്ലാവരും ഒരു ഓട്ടത്തിലാണ് നമ്മളും ഒരു ഓട്ടത്തിലാണ് നമ്മളെന്ത് വേണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടുതൽ കർത്താവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കണം കഴിഞ്ഞ മാസത്തേനേക്കാൾ ഈ മാസത്തിൽ കൂടുതൽ ചില നിലപാടുകൾ കർത്താവിനെ അനുഗ അനുഗമിക്കുന്നതിൽ നമ്മൾ കൈക്കൊള്ളണം നമ്മൾ ഈ കഴിഞ്ഞ ദിവ ദിവസം ഓരോ ദിവസവും പിന്നിടും തോറും ഓട്ടക്കളത്തിൽ ഓടുന്ന ആള് കഴിഞ്ഞ മിനിറ്റിൽ നിന്നിടത്തല്ല ഈ മിനിറ്റിൽ നിൽക്കുന്നത് കഴിഞ്ഞ സെക്കൻഡിൽ നിൽക്കുന്നിടത്തല്ല ഈ സെക്കൻഡിൽ നിൽക്കുന്നത് അവിടെ നിന്ന് മുന്നോട്ടാണ് ഈ നിലയിലാണ് നമ്മൾ ഓട്ടക്കളത്തിലായിരിക്കേണ്ടത് അങ്ങനെ ഓടുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരോട് പറയാൻ കഴിയും നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് പറയാനായിട്ട് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വളരെ വേഗത്തിൽ ഈ നിലയിൽ മറ്റുള്ളവർക്ക് പിൻഗമിക്കാനായിട്ട് അനുഗമിക്കാനായിട്ട് ഒരു മാതൃകയായിട്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് ാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം ഒന്നാമതായിട്ട് നേതൃത്വത്തിലുള്ളവര് അല്ലെങ്കിൽ നമ്മൾ പിന്നിലുള്ളവര് നമ്മളെ അനുഗമിക്കുമെങ്കിൽ മുൻപിൽ നിൽക്കുന്ന നമ്മൾ എന്ത് വേണം ഒന്നാമത് നമ്മൾ താഴ്മയുള്ളവരും ആളുകൾക്ക് എപ്പോഴും സമീപിക്കാവുന്നവരുമായിരിക്കണം കർത്താവായ യേശു ക്രിസ്തു താന് മത്തായി പതിനൊന്നിന്റെ ഇരുപത്തി ഒൻപത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും അപ്പോൾ കർത്താവ് എന്തായിരുന്നു എപ്പോഴും താഴ്മയുള്ളവനായിരുന്നു തന്നെ ആളുകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സമീപിക്കാമായിരുന്നു കർത്താവിനെ യോഹന്നെ സുവിശേഷം മൂന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നോക്കുക നിക്കോദമോസ് എന്നൊരുവൻ രാത്രിയിൽ ആണ് കർത്താവിനെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും വന്നത് കർത്താവ് പറയുക ഞാൻ പകലത്തെ തിരക്കെല്ലാം കഴിഞ്ഞൊന്നും വിശ്രമിക്കുക ഇപ്പോൾ കാണാൻ സമയമില്ല എന്നല്ല കർത്താവ് പറയുന്നത് അവിടുന്ന് വളരെ താഴ്മയുള്ളവനായിരുന്നു ആളുകൾക്ക് ഏത് സമയത്തും തന്നെ സമീപിക്കാനായിട്ട് കഴിയുമായിരുന്നു കർത്താവ് ലൂക്കോസിൻ്റെ സുശേഷം നാലാമത്തെ ആയ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ തുക എന്നോട് പഠിപ്പിന് അപ്പോൾ വളരെ പാവപ്പെട്ട ആളുകൾക്കും ഏത് നിലയിലുള്ളവർക്കും കർത്താവിനെ സമീപിക്കാമായിരുന്നു അങ്ങനെ കർത്താവ് വളരെ താഴ്മയുള്ളവനായിരുന്നു ആളുകൾക്ക് എപ്പോഴും സമീപിക്കാവുന്നവനായിരുന്നു നമ്മളും ആ നിലയിലായിരിക്കണം മറ്റുള്ളവർക്ക് നമ്മൾ താഴ്മയുടെ കാര്യത്തിൽ അവർക്ക് നമ്മളെ നോക്കാനായിട്ട് കഴിയണം അതുപോലെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നവനായിരിക്കണം നമ്മളെത്ര വളർന്നാലും ഈ നിലയിൽ ഈ ഒരു കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കണം പൗലോസ് ആ കാര്യത്തിൽ കർത്താവിനെ അനുകരിക്കുന്നവനായിരുന്നു പൗലോസ് പറയുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളെൻ്റെ അനുകാരികളാകുകയും നമുക്കും നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോട് താഴെയുള്ളവരോട് സഭയിലുള്ള എളിയ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് പറയാൻ കഴിയണം നിങ്ങൾ എന്നെ അനുകരിക്കുക കാരണം ഞാൻ കർത്താവിനെ അനുകരിക്കുന്നവനാണ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയണം നമ്മൾ കണ്ടത് നമ്മൾ ഒന്നാമത് താഴ്മയുള്ളവരും മറ്റേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സഭയിലുള്ളവർക്കും നമ്മളെപ്പോഴും സമീപിക്കാവുന്ന നിലയില് നമ്മൾ അപ്രോച്ചബിളുമായിരിക്കണം എന്നാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത് രണ്ടാമത് നേതൃത്വത്തിലുള്ളവരെ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും പണത്തിൻ്റെ കാര്യത്തിൽ അവിശ്വസ്ത കാട്ടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വാക്കുകളെക്കാൾ നമ്മുടെ ജീവിതമാണ് ആളുകളോട് ഉച്ചത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളെക്കാൾ നമ്മുടെ ജീവിതം ദൈവം നമുക്കാക്കി വച്ചിരിക്കുന്ന സാമ്പത്തികമായ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കണം പൗലോസ് ആ കാര്യത്തിൽ വളരെ വ്യക്തതയുള്ളവനായിരുന്നു പൗലോസ് താൻ തന്നെ തൻ്റെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനായിരുന്നു അപ്പോൾ തന്നെ തനിക്ക് ഇടയ്ക്കൊക്കെ വല്ലവരിൽ നിന്നും സൗജന്യമായി ചില കാര്യങ്ങൾ ചില ഗിഫ്റ്റുകളൊക്കെ തന്നെ സ്വീകരിക്കുമായിരുന്നു അങ്ങനെ അവ സ്വീകരിക്കുമ്പോൾ പോലും തന്നെക്കാൾ ദരിദ്രരായ ആളുകളുടെ കയ്യിൽ നിന്ന് അവ സ്വീകരിച്ചിരുന്നില്ല കർത്താവായി യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു കർത്താവ് ആ പരശിശുശ്രൂഷാകാലത്ത് കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ കൈക്കൊണ്ടിട്ടുള്ള ആളുകൾ വീടുകളിലെ കർത്താവിന് സൽക്കാരമൊരുക്കിയിട്ടുള്ള ആളുകൾ കർത്താവിനേക്കാൾ ദരിദ്രരായ ആളുകളുടെ കയ്യിൽ നിന്ന് കർത്താവ് ഒന്നും സ്വീകരിച്ചില്ല മറിച്ച് തന്നെക്കാളും ഉയർന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളിൽ നിന്നാണ് അപൂർവമായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള സമ്മാനങ്ങളോ സൽക്കാരങ്ങളോ സ്വീകരിച്ചത് ലൂക്കോസിൻ്റെ സുശേഷം എട്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിനെ സ്വീകരിച്ച ചില സ്ത്രീകളെ കുറിച്ച് വായിക്കുന്നുണ്ട് ഹേരോദാവിൻ്റെ ഭാര്യ ക്ഷമിക്കണം ലൂക്കോസ് എട്ടിൻ്റെ മൂന്ന് കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നെയും അപ്പൊ നോക്കുക അവരെ ഹേരോദാവിൻ്റെ കാര്യവിചാരകനായിരുന്ന കൂസയുടെ ഭാര്യയായിരുന്നു സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആളായിരുന്നു യോ ഭാര്യ യോഹനെയും ശിശനെയും തങ്ങളുടെ വസ്തുവ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന പല സ്ത്രീകളും അപ്പോൾ ആ നിലയില് കർത്താവ് ആളുകളിൽ നിന്ന് സൽക്കാരങ്ങളാകട്ടെ സമ്മാനങ്ങളാകട്ടെ സ്വീകരിച്ചപ്പോൾ ആ ദരിദ്രരായ ആളുകളിൽ നിന്നല്ല മറ്റ് തന്നെക്കാളും ഉയർന്ന ആളുകളിൽ നിന്നാണ് സ്വീകരിച്ചത് കർത്താ പൗ കർത്താവിൻ്റെ ഇതേ മാതൃക തന്നെയാണ് പൗലോസും പിൻപറ്റിയിരുന്നത് ചുരുക്കത്തിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നത് നമ്മളൊരു സഭയുടെ നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു ഭവനം നടത്തിക്കൊണ്ടു അവിടെയൊക്കെ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം കാരണം ആളുകൾ നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതത്തെയാണ് ശ്രദ്ധിക്കുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ മാമോൻ്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ ഒരു ദൈവമനുഷ്യൻ എന്നുള്ള സാക്ഷ്യം നമ്മൾ നിലനിർത്തുന്നവരായിരിക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് ഒരു നേതൃത്വത്തിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോട് എന്നെ അനുഗമിക്കുക എന്ന് പറയാൻ കഴിയുന്ന ഒരാളുടെ മൂന്നാമത്തെ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം ആളുകളുടെ മുമ്പാകെ ഒരു നല്ല സാക്ഷ്യം പുലർത്തുന്നവനായിരിക്കണം യാക്കൂബിൻ്റെ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ സ വായിക്കുന്നുണ്ടല്ലോ വാക്കുകളുടെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സംസാരത്തിൻ്റെ കാര്യത്തിലും ഈ നിലയിൽ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം യാക്കോബിൻ്റെ ലേഖനം ഒന്നാമത്തെ ആയ ഇരുപത്തി ആറാമത്തെ വാക്യം നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് നോക്കുക അവന് നാവിന് കടിഞ്ഞാണിട്ടിട്ടില്ല പക്ഷെ അവൻ്റെ വിചാരം അവൻ ഭക്തനാണെന്നാണ് പക്ഷേ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു നാവിൻ്റെ കാര്യത്തിൽ നമ്മളെ ജാഗ്രതയുള്ളവരാകെ മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവമനുഷ്യൻ എന്ന സാക്ഷ്യം ലഭിപ്പാൻ വാക്കുകളിൽ നമ്മളെ സൂക്ഷിക്കണം എഫ് എസ് ഇ കഴുതിയ ലേഖനം അതിൻ്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ നിലയിൽ ഒരു ദൈവമനുഷ്യൻ എന്നുള്ള സാക്ഷ്യം നിലനിർത്താനായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഇരുപത്തിയാറ് മുതൽ നാല് എഫ് എ സർ നാലിൻ്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് വരെ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പേ സൂര്യൻ അസ്തമിക്കോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് പിശാചിന് ഇടം കൊടുക്കരുത് കണ്ടോ അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങളോടൊക്കെയും ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും മറ്റേ ചില സഹോന്മാരോട് ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയേണ്ടി വരും പക്ഷേ അത് പാപം ചെയ്യുന്ന ഒരളവിലേക്ക് അങ്ങനെ കോപമാകരുത് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഒരു ദിവസത്തിൽ കൂടുതൽ ആ നിലയിലുള്ള ഒരു മനോഭാവം വെച്ചുകൊണ്ടിരിക്കരുത് ഇതാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ചെയ്താൽ നമ്മളെ പിശാചിന് ഇടം കൊടുക്കുന്നവരായിരിക്കും ഇതാണ് ഒരു ദൈവമനുഷ്യനെ ഒന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് വേണം സ്വന്തം കൈകൊണ്ട് അധ്വാനിക്ക് എത്രയോ വേണ്ടത് ആ കാര്യമാണ് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറിൽ നിന്ന് നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കണം നല്ല വാക്കുകളെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാവൂ അങ്ങനെയല്ലാതെ വന്നാൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരിക്കും എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ മറ്റുള്ളവരെ ശാസിക്കുമ്പോഴും കോപിക്കുമ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മുടെ വാക്കുകളെ സംബന്ധിച്ച് ജാഗ്രത ഉള്ളവരായിരിക്കണം അതുപോലെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പിന്നീട് പറയുന്നു കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ പലർക്കും ഉള്ളിൽ ചില കയ്പ ഉണ്ടെങ്കിൽ അത് കോപമായിട്ടും ക്രോധമായിട്ടും കൂറ്റാരം കൂറ്റാരം എന്നുള്ള ഈ പ്രയോഗം നമുക്ക് ചിലപ്പം എന്നാൽ സത്യത്തിൽ അത് അട്ടഹാസം എന്നുള്ളതാണ് ഏ ദേഷ്യപ്പെട്ട് അട്ടഹസിക്കുക അട്ടഹാസവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ പകരം എന്ത് വേണം തമ്മിൽ ദൈവം മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി അപ്പം അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം കയ്പും കോപവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സകല ദുർഗുണവും ഒഴിഞ്ഞ് മാറി നടക്കുന്നവരായിരിക്കണം ഇങ്ങനെയുള്ള ഒരാളാണ് ആ ആ നിലയിൽ ഒരു ദൈവമനുഷ്യൻ എന്നുള്ള അങ്ങനെയുള്ള ഒരു സാക്ഷ്യം പ്രാപിക്കുന്നവൻ അതുപോലെ ഒന്ന് തീമത്തിയോ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുക പല ആളുകളോട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളൊരു നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം നമ്മളെക്കാൾ മുതിർന്ന പ്രായമുള്ള പുരുഷന്മാർ പ്രായമുള്ള സ്ത്രീകൾ ഇളയ സ്ത്രീകൾ ഇളയ സഹോദരന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഒന്ന് തീമത്തിയോസ് അഞ്ചാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും നമുക്ക് കാണാനായിട്ടാ കഴിയും പ്രിയപ്പെട്ടവരെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നേതൃത്വത്തിൽ ദൈവം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് എന്നെ അനുഗമിക്കുക എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബജീവിതത്തെ കുറിച്ചാണ് അടുത്ത കാര്യം പറയുന്നത് നാലാമതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് താഴ്മയുള്ളവരും ആളുകൾക്ക് സമീപിക്കാവുന്നവരുമായിരിക്കണം പണത്തിൻ്റെ കാര്യത്തിൽ അവിശ്വസ്തരായിരിക്കണം ദൈവമനുഷ്യൻ എന്നുള്ള ഒരു സാക്ഷ്യം പ്രാപിക്കുന്നവരായിരിക്കണം എന്നിത്രയും കാര്യങ്ങൾ പറഞ്ഞു നാലാമത് കുട്ടികളെ നമ്മൾ ദൈവഭയത്തിൽ വളർത്തുന്നവരായിരിക്കണം കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ആളുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ശ്രദ്ധിക്കും അപ്പോ നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്നവരായിരിക്കണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ലോകത്തുള്ള മറ്റുള്ളവരെയൊക്കെ കബളിപ്പിക്കാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കബളിപ്പിക്കാനൊക്കെ ഇല്ല കാരണം അവരാണ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മളെ അടുത്ത് നിന്ന് കാണുന്നത് അതുകൊണ്ട് കുട്ടികളെ ദൈവഭയത്തിൽ വളർത്താനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒന്ന് തീമത്തി ദിവസ് മൂന്നാമധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ കാണുന്ന സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കണം മക്കളെ അനുസരണത്തിൽ പാലിക്കുന്നവരായിരിക്കണം ഒന്ന് തീമത്തി ദിവസ് മൂന്നിൻ്റെ നാല് അഞ്ച് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കൾ ഉള്ളവരായിരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു കണ്ടോ അപ്പൊ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തണം അവരെ സംബന്ധിച്ച് ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേട് ഉണ്ടാകരുത് അങ്ങനെ ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം നമ്മൾ സദൃശ്യവാക്യത്തിലെ വളരെ പ്രശസ്തമായ ഒരു വാക്യം ഉണ്ടല്ലോ ആ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുള്ള വാക്യമാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അവൻ വിട്ടുമാറുകയില്ല അപ്പൊ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്നത് അവരെ പ്രായമായി കഴിഞ്ഞല്ല മറിച്ച് എന്താ അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അപ്പം ബാലൻ നടക്കുന്ന ഒരു വഴിയുണ്ട് അവൻ നടക്കേണ്ട ഒരു വഴിയുണ്ട് നടക്കുന്ന വഴിയിൽ അവനെ അങ്ങ് വിട്ടേക്കുക എന്നുള്ളതല്ല നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ അവർ നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കും അതുകൊണ്ട് അവരെ നല്ല വഴിയിൽ അഭ്യസിപ്പിക്കുന്ന നിലയിലായിരിക്കണം മാതാപിതാക്കളുടെയും ജീവിതം എന്ന കാര്യവും നമ്മൾ ഗൗരവത്തിലെടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പണത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത ദൈവമനുഷ്യൻ എന്നുള്ള സാക്ഷ്യം നിലനിർത്തുന്നത് കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അനുഗമിക്കാനുള്ള ഒരു മാതൃകയായിട്ട് നമ്മളെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കൂട്ടം കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് അതിൽ അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മളെന്ത് വേണം പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പോസ്ല പ്രവൃത്തി ഇരുപതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എടുത്തിട്ട് ഇവിടെ അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഭയമില്ലാതെ പ്രസ്താവിക്കുന്നവരായിരിക്കണം കണ്ടോ അവിടെ അപ്പോസ്ലെ പ്രവർത്തി ഇരുപതിൻ്റെ ഇരുപതില് പൗലോസ് താന് എഫേസോസിലുള്ള ആ മൂപ്പന്മാരെ ആളയച്ചു വരുത്തി അവരോട് സംസാരിക്കുകയാണ് ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പൗലോസ് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറക്കു വ മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ എന്ന് എഫ് എ മൂപ്പന്മാരോട് തന്നെ പറയുന്നു അപ്പോൾ പൗലോസ് എന്താ ചെയ്തത് താൻ എഫ് എ സോസിലായിരിക്കുമ്പോൾ ആലോചന ഒട്ടും മറച്ചു വച്ചില്ല അത് മുഴുവനും അറിയിച്ചു പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് പലപ്പോഴും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഏഹ് ശരീരത്തിന് രണ്ട് വശങ്ങളുണ്ട് ഇടതു വശവും വലതുവശവും ഇടത്തേ കയ്യും വലത്തേ കയ്യും ഇടത്തേക്കാലും വലത്തേക്കാലും എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം വളരെ ബാലൻസ്ഡാണ് അതിന് രണ്ട് വശമുണ്ട് ഏതെങ്കിലും ഒരു ഒരു ഭാഗം മാത്രം എടുത്ത് ഏതെങ്കിലും ഒരു വാക്യം മാത്രം എടുത്ത് നമ്മൾ പറഞ്ഞാൽ അത് ബാലൻസ്ഡ് ആകുകയില്ല അതുകൊണ്ട് അതിൻ്റെ മറുവശം കൂടെ പറഞ്ഞ് പൗലോസ് കണ്ടോ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും ഞാൻ അറിയിച്ചു തന്നിരിക്കുന്നു തനിക്ക് അതിൻ്റെ അകത്ത് ഭയമില്ലായിരുന്നു നമ്മളുമാക്കി വെച്ചിരിക്കുന്നിടത്ത് ഒരുപക്ഷെ പൗലോസിനെ പോലെ പ്രസംഗിക്കാനൊന്നും നമുക്ക് അവസരമുണ്ടാകുകയില്ല പക്ഷേ നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മളോട് ചോദിക്കുന്നവരോട് ഭയരഹിതരായിട്ട് നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയാനുള്ള ആ നിലയിലുള്ള ഒരു ആർജവം നമുക്കുണ്ടായിരിക്കണം ഗലാത്തീർ കെഴതി ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മളെ പൗലോസിനെ കുറിച്ച് താൻ പറയുന്നത് ഞാനിപ്പോൾ ദൈവത്തെയാണോ മനുഷ്യരെ ആണോ പ്രസാദിപ്പിക്കുന്നത് എന്നിട്ട് താൻ പറയുന്നു ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനായിട്ടിരിക്കേയില്ല കേട്ടോ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നമുക്ക് ദൈവത്തെയും പ്രസാദിപ്പിക്കണം ഈ മനുഷ്യരെയും പ്രസാദിപ്പിക്കണം എല്ലാവരെയും പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിലയിലാണ് നമ്മളെ ചിന്തിക്കുന്നത് എന്നാൽ ഗലാത്തിർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കേയില്ല കണ്ടോ അപ്പം മനുഷ്യരെ എല്ലാം കൂടെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ദാസനായിട്ടിരിക്കാനായിട്ട് കഴിയുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഭയരഹിതരായിട്ട് പ്രസ്താവിച്ചാൽ കർത്താവിൻ്റെ ദാസന്മാരായിട്ടിരുന്നാൽ പലപ്പോഴും മനുഷ്യരെ എല്ലാവരെയും കൂടെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നതിലേക്കാണ് ഇത് വിരലെ ചൂണ്ടുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഭയരഹിതരായിട്ട് പ്രസ്താവിക്കുന്നവരായിരിക്കണം ആറാമത് നമ്മൾ കാണുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ദൈവത്തിൻ്റെ സഭ ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ നമുക്കൊരു താല്പര്യമുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതം ആ കാര്യത്തിനായിട്ട് ഒഴിഞ്ഞു എന്നുള്ളതാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ സഭയെ പണിയും പത്രോസിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം നമുക്കറിയാം പൗലോസിനെ സംബന്ധിച്ചും താനെന്തായിരുന്നു താനും സഭയുടെ പണിയുടെ കാര്യത്തിലായിരുന്നു തനിക്ക് ജാഗ്രത ഉണ്ടായിരുന്നത് പൗലോസ് താൻ ഈ കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ളവനായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് ആ നിലയിൽ വലിയ അവസരങ്ങൾ ലഭിച്ചു എന്ന് വരികയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നിലയിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ പണിയാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ സഭയിൽ ആ ശരീരത്തിലെ അംഗങ്ങളായിരുന്നു കൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളവിടെ ആക്കി വെച്ചെടുത്ത് ദൈവം നിലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സഭയുടെ പണിയിലെ നമ്മുടേതായ ഒരു പങ്കാളിത്തം നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മൾ എഫ് എസ് എതിരെ ലേഖനം നാലാമധ്യായത്തും നാലാമധ്യായത്തിൻ്റെ അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളെ നോക്കുക അവിടെ പൗലോസ് പറയുന്നു സ്നേഹത്തിൽ സത്യം സംസാരിച്ചു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമാണ് ഒരു ശരീരമാണിത് ഈ ശരീരത്തില് നമുക്ക് ഓരോ അവയവത്തിനും അവർക്ക് അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായി നിൽക്കുകയും നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുകയും ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് നമ്മുടേതായ ഒരു സംഭാവന നമ്മൾ നൽകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഓ എനിക്ക് പ്രസംഗിക്കാൻ അവസരമില്ല അതുകൊണ്ട് ഞാൻ സഭ പണിയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു ഒഴികഴിവ് നമുക്കില്ല കൊലോസർ കെഴ്തി ലേഖന ഒന്നാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനായിട്ടാണ് പൗലോസ താന് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത് അപ്പം കണ്ടോ തൻ്റെ പോരാട്ടവും അധ്വാനവും എല്ലാം ഈ സഭയെ അല്ലെങ്കിൽ സഭയിലുള്ള ആളുകളെ അവരെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനായിരുന്നു താന് പോരാടിക്കൊണ്ട് അധ്വാനിച്ചത് നമ്മുടെയും അധ്വാനങ്ങൾ ഈ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒന്നാമത് നമ്മൾ വ്യക്തിപരമായിട്ട് തികഞ്ഞവരായി ആ നിലയിലേക്ക് മുന്നോട്ടായുന്നവരായിരിക്കണം മറ്റുള്ളവരെയും നമ്മൾ ആ നിലയില് ഉള്ള ഒരു സഹയുടെ പണിയില് നമ്മളായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കണം ഏഴാമതായിട്ടൊരു കാര്യം കൂടെ പറയുന്നു അവിടെ നമ്മൾ കാണുന്നത് ഏഴാമതായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടെ ജീവിതം അവസാനിക്കുമ്പം എനിക്ക് ശേഷം പ്രളയം എന്നൊരു പ്രയോഗം നമ്മൾ പറയാറുണ്ട് ഏർ കാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രളയമാണ് അങ്ങനെ ആകരുത് എനിക്ക് ശേഷം പ്രളയം എന്നൊരു മനോഭാവമല്ല ക്രിസ്തീയ നേതൃത്വത്തിലുള്ളവരെ കൊണ്ട് നടക്കേണ്ടത് മറിച്ചെന്താ അവർ ചില ആളുകളെ തങ്ങൾ തങ്ങളുടെ പിന്നാലെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ അവരെ വളർത്തിക്കൊണ്ട് വരികയും ഉത്സാഹിപ്പിക്കുകയും വേണം ഫിലിപ്പർ കെഴിഞ്ഞ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലേ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നു തീമത്യോസിനെ ഞാൻ എന്ത് കണ്ടിട്ടുണ്ട് എനിക്ക് തുല്യ ചിത്തനായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടോ വിശ്വാസത്തിൽ നിജപുത്രനാ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന തീമത്യോസിനെ ആ നിലയിൽ താനെ വളർത്തിയെടുക്കുന്നവനായിരുന്നു രണ്ട് പൗരിന്ത്യർ ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് തീത്തോസിനെക്കുറിച്ച് തീത്തോസിനെ എന്നെ ആ നിലയിൽ തീമത്യോസിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ താന് പറയുന്നു പ്രിയപ്പെട്ടവര് അപ്പോൾ പൗലോസിൻ്റെ ജീവിതം ഈ നിലയിൽ വളരെ പെട്ടെന്ന് ആ നിലയിൽ റോമൻ വാളിനാൽ താനെ കൊല്ലപ്പെട്ടു പക്ഷേ അവിടെ കൊണ്ട് ക്രിസ്തീയ പ്രവർത്തനം അവസാനിച്ചില്ല തന്നെ അതേ നിലയിൽ തന്നെ പിന്തുടരാൻ തന്നെ തീമത്യോസിനെയും തീത്തോസിനെയും മറ്റ് പലരെയും ഉത്സാഹിപ്പിക്കുകയും ഈ വഴിയിൽ നടത്തുകയും ചെയ്തു നമുക്ക് ശേഷം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ വഴിയിൽ ആളുകളെ മുന്നോട്ട് നടത്താൻ പ്രിയപ്പെട്ടവരെ ഒരു ഒരു കുടുംബത്തിൽ നമ്മളായിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ നമ്മൾ സജ്ജരാക്കണം നമുക്ക് തുല്യ ദൈവസഭ പണിയാനും ഈ കാര്യങ്ങളിൽ ദൈവീക കാര്യങ്ങളിൽ പുതിയ തലമുറയിൽ ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അവരെ നമ്മൾ സജ്ജരാക്കി വളർത്തിയെടുക്കണം നമ്മുടെ സഭയിൽ നമ്മളേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ സഹോദരന്മാരെ ആ നിലയിൽ ഉത്സാഹിപ്പിക്കണം കണ്ടോ നമ്മളിവിടെ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കർത്താവ് പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ വളരെ വേഗത്തിൽ വീണ്ടും വന്ന് നോക്കിയാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിപ്പാൻ പറഞ്ഞു പൗലോസും പറഞ്ഞു നിങ്ങൾ എൻ്റെ അനികാരികളാകുവീൻ എന്ന് പറഞ്ഞു നമ്മളും മറ്റുള്ളവരോട് പറയാൻ കഴിയണം നിങ്ങളെൻ്റെ അനികാരികളാകുവീൻ എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയണം അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏഴുകൂട്ടം കാര്യങ്ങളെങ്കിലും പൗലോസിൻ്റെയും കർത്താവിൻ്റെയും ജീവിതത്തിൽ ഉള്ളത് നമ്മൾ പകർത്തണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മളത് ഏഴ് കാര്യങ്ങളക്കമിട്ട് പറഞ്ഞത് ഒന്നാമത് നമ്മൾ പറഞ്ഞത് കർത്താവിനെപ്പോലെ നമ്മൾ താഴ്മയുള്ളവരും ആളുകൾക്ക് എപ്പോഴും സമീപിക്കാൻ കഴിയുന്നവരുമായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് രണ്ടാമതായിട്ട് പറഞ്ഞത് കർത്താവും പൗലോസും ഒക്കെ കാണിച്ച മാതൃക പോലെ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം മൂന്നാമതായിട്ട് പറഞ്ഞത് ദൈവമനുഷ്യൻ എന്നുള്ള ഒരു സാക്ഷ്യം നിലനിർത്തണം സാക്ഷ്യം പലപ്പോഴും വാക്കുകൾ കൊണ്ടല്ല നമ്മളെന്താ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് ഒരു സാക്ഷ്യമുള്ളവരാകേണ്ടത് ആ നിലയിലുള്ള ഒരു സാക്ഷ്യം നിലനിർത്തുന്നവരായിരിക്കണം നാലാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം കുട്ടികളെ ദൈവഭയത്തിൽ വളർത്തുന്നവരായിരിക്കണം അഞ്ചാമതായിട്ട് പറഞ്ഞത് ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയും ഭയരഹിതരായി പ്രസ്താവിക്കുന്നവരായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം ആറാമതായിട്ട് സഭയുടെ പണിയില് നമുക്കുള്ള ആ ഭാഗത്ത് നമ്മൾ വിശ്വസ്തരായിട്ട് നിന്ന് ആ ശരീരമാകുന്ന സഭയുടെ പണിയിൽ നമ്മുടേതായ സംഭാവന നൽകുന്നവരായിരിക്കണം നമുക്ക് നമുക്ക് നമ്മൾ കടന്നു നമ്മുടെ പുറകില് ഒരു തലമുറയെ ഈ വഴിയില് പരിശീലിപ്പിക്കുന്നവരായിട്ട് നമ്മളായിരിക്കണം ഇതൊക്കെ നമുക്ക് എങ്ങനെ കഴിയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലേയും നമുക്ക് കഴിയുള്ളു അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ ഈ ഏഴുകൂട്ടം കാര്യങ്ങളും അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയില് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം എനിക്ക് വേണം ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നടത്തും ഈ വചനങ്ങളാല് ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ